എന്നാൽ വസിയത്ത് ചെയ്യുന്നവൻ തെറ്റോ പാപമോ വരുത്തുമെന്നാരെങ്കിലും ഭയപ്പെടുകയും അവർക്കിടയിൽ അദ്ദേഹം അനുരഞ്ജനമുണ്ടാക്കുകയും ചെയ്താൽ അദ്ദേഹത്തിന് പാപമില്ല തീർച്ചയായും അള്ളാഹു സുബഹാനഹുവറ്റ ആല ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമാണ്